അവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടില്ല നീ പറയുക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുഹാനഹുബത് ആലയുടെ അടുക്കൽ മാത്രമാണ് ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു